സംശയം സംശയംസാരംഭം തധാസ്ത്രേക്ഷാവത് പ്രവൃത്തിഹേതു സംശയ പ്രയോജനസൂചന യുക്തസായ സൂത്രാദിത് ആഹ ഭഗവാൻ ഭാഷ്യ ജിജ്ഞാസംശ നേരത്തെ പറഞ്ഞു ജിജ്ഞാസേജന ജിജ്ഞാസ ജിജ്ഞാസ അതാതോ ബ്രഹ്മജിജ്ഞാസ ജിജ്ഞാസ എന്നുള്ള പദം രണ്ടർത്ഥത്തൂടെ സൂചിപ്പിക്കുന്നുണ്ട് സന്ദേഹത്തെയും പ്രയോജനത്തെയും പിന്നെ അതോടൊപ്പം അത് സൂചിപ്പിക്കുന്നതാണ് വിചാരത്തെ ഇപ്പം സന്ദേഹം പ്രയോജനം വിചാരം അതിന് സന്ദേഹം ദേഹാതിരിക്തമായ ഒരാത്മാവ് ഉണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണ് ഇത്തരത്തിലൊക്കെയുള്ള സന്ദേഹം പ്രയോജനം ഇവിടെ പറഞ്ഞു ജ്ഞാനമാണ് അതിൻ്റെ പ്രയോജനമാണ് മോക്ഷം പിന്നെ വിചാർ അപ്പൊ അപ്പോ അത് പ്രത്യേകം പറയുന്നത് ഇവിടെ മുമ്പോട്ട് ഭാഷയും പറയും തസ്മാ ബ്രഹ്മ വിജിജ്ഞാസിതവ്യം അപ്പം ബ്രഹ്മ ജിജ്ഞാസ് ച്ഛിക്കപ്പെടേണ്ടതാണ് എന്ന് പറയും അപ്പോ ഇനി വരുന്ന ഭാഗങ്ങൾ ഇത് ആദ്യത്തെ സൂത്രമാണ് രണ്ടാമത് ജന്മാദ്യ ഇവിടെ മുതൽ അങ്ങോട്ടുള്ള സൂത്രങ്ങൾ ബ്രഹ്മയത്തെ ഇച്ഛിക്കുകയല്ല ചെയ്യുന്നു വിനെയോ ബ്രഹ്മത്തെ വിചാരം ചെയ്യുകയാണ് ബ്രഹ്മത്തെ ഇച്ഛിക്കുകയല്ല ചെയ്യുന്നു ബ്രഹ്മവിചാരമാണ് അപ്പൊ ഇവിടെ അഥാദോ ബ്രഹ്മ ജിജ്ഞാസെന്നിടത്ത് പ്രതിജ്ഞ ചെയ്ത ഇനിരുന്ന ഓരോ സൂത്രങ്ങളിലും എന്താർത്ഥം വരണം ബ്രഹ്മത്തെ ഇച്ഛിക്കണം എന്ന് പറയുന്നത് ബ്രഹ്മ വിചാരമാണ് അതുകൊണ്ട് മുമ്പോട്ട് ഭാഷത്തിൽ പറയുന്നതാണ് തസ്മാത് ബ്രഹ്മ വിജിജ്ഞാസിതവ്യോന്ന് പറയുന്ന അർത്ഥം പറയും വിജിജ്ഞാസിതവ്യോന്ന് പറഞ്ഞാൽ ബ്രഹ്മവിചാരം കർത്തവ്യം എന്ന് പക്ഷെ ജിജ്ഞാസയുടെ അർത്ഥം ഇച്ഛയാണ് ഇപ്പം ബ്രഹ്മവിചാരം കർത്തവ്യം എന്നിങ്ങനെ പറയാൻ പറ്റും ഇച്ഛയില്ല എന്റെ അവിടെയാണ് വിവരണകാരൻ പറഞ്ഞത് ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ രക്ഷണയിലൂടെ വിചാരമെന്ന് അർത്ഥം കൊടുക്കണം അവിടെയാണ് ഭാമതികാരൻ പറയുന്നത് അതിന്റെ ആവശ്യമില്ല ജിജ്ഞാസ എന്ന് പറയുന്നത് വിചാരത്തെ സൂചിപ്പിക്കുന്നുള്ളു സൂചിതമായ അർത്ഥങ്ങളാണ് സന്ദേഹം പ്രയോജനം വിചാരം എല്ലാം അപ്പൊ ജിജ്ഞാസ ഓരോ സ്ഥലത്തും വരുന്നിടത്ത് സന്ദർഭം അനുസരിച്ച് ഏതാർത്ഥം കൊടുക്കാം ഇപ്പൊ അടുത്ത ഭാഷ പറയും ബ്രഹ്മജിജ്ഞാസായ അനധികാരിത്വ ബ്രഹ്മ ജിജ്ഞാസ ആരംഭിക്കേണ്ടല്ലെന്ന് പറഞ്ഞു ബ്രഹ്മജിജ്ഞാസ എന്തുകൊണ്ട് ആരംഭിക്കേണ്ട കാരണം ബ്രഹ്മ ജിജ്ഞാസയാണ് ആരംഭിക്കുന്നതിൻ്റെ തുടർന്നുള്ള എല്ലാ സൂത്രങ്ങളിലും പിന്നെ അതാണ് ചെയ്യേണ്ടത് എന്താണ് ഇച്ഛയാണ് പക്ഷെ തുറന്നുള്ള സൂത്രങ്ങൾ എന്താ ചെയ്യുന്നത് വിചാർ അപ്പോ ആരംഭാർത്ഥം എടുത്തിട്ട് ബ്രഹ്മ ഇച്ഛ ആരംഭിക്കണമെന്നർത്ഥം പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോ ഇവിടെ ജിജ്ഞാസയ്ക്ക് ഇവിടെ ഇച്ഛ എന്നുള്ള അർത്ഥമാണ് എടുത്തത് ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നത് ആരംഭിക്കാൻ പറ്റില്ല എന്ന് ജിജ്ഞാസക്ക് ഇച്ഛണ്ടർത്തോട് എന്തുകൊണ്ട് ഇച്ഛയാണ് ആരംഭിക്കാൻ പറ്റാത്ത വിചാരമാണെങ്കി ആരംഭിക്കാം ബ്രഹ്മ ജിജ്ഞാസ അനധികാരിത്വന്ന് പറഞ്ഞ ബ്രഹ്മ ജിജ്ഞാസ ആരംഭിക്കാൻ കഴിയത്തില്ല അപ്പൊ ഇവിടെ ജിജ്ഞാസയുടെ അർത്ഥം തോന്നുന്നു ഓ ആരംഭിക്ക ബ്രഹ്മ ജിജ്ഞാസ അനധികാരിത്വ ബ്രഹ്മജിജ്ഞാസയെ ആരംഭിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ജിജ്ഞാസയുടെ അർത്ഥം എന്തെടുക്കണം ജിജ്ഞാസ ഇച്ഛ എന്ന ഇച്ഛാണ് ആരംഭിക്കാൻ വയ്യാത്തത് വിചാരമാണെങ്കിൽ ആരംഭിക്കാം ഇവിടെ മുതൽ വിചാരമാണെങ്കിൽ ആരംഭിക്കാം അപ്പൊ ബ്രഹ്മ ജിജ്ഞാസ അനധികാരിത്വ എന്ന് പറയുന്ന ജിജ്ഞാസയുടെ അർത്ഥം എന്തെടുക്കണം ഇച്ഛ ആ സമയം തസ്മാത് ബ്രഹ്മ വിജിജ്ഞാസിതമയം തൊട്ട് മുമ്പോട്ട് നിന്നിട്ട് പറയും അവിടെ ബ്രഹ്മ വിചാരം ചെയ്യേണ്ടതെന്നാണ് അവിടെ അർത്ഥം അപ്പൊ ഇവിടെ ഒരു ജിജ്ഞാസ ശബ്ദത്തിന് എന്തർത്ഥം കൊടുത്ത് മുമ്പോട്ട് നിന്നപ്പോ ജിജ്ഞാസ ശബ്ദത്തിന് എന്താ അർത്ഥം കൊടുത്ത് എന്തുകൊണ്ട് രണ്ടർത്ഥം കൊടുത്ത് രണ്ടർത്ഥം എന്തുകൊണ്ടു വിജ്ഞാസന്ന് പറയുന്ന ആ പദം ഇതെല്ലാം സൂചിപ്പിക്കുന്നു ഇതിനെയൊക്കെ സൂചിതമായ അർത്ഥം എന്ന് പറയും വച്ച അർത്ഥമല്ല ഈ പദത്തിൽ നിന്ന് അങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം ആണ് പറയുന്നത് സൂചന സൂത്രമിത്യാഹു സൂത്രം എന്ന് പറഞ്ഞപ്പോ തന്നെ എന്താണ് സൂചിപ്പിക്കുന്നതാണ് എന്ത് സൂചിപ്പിക്കുന്നു അർത്ഥത്തെ എന്തർത്ഥത്തെ പല അർത്ഥങ്ങളിൽ സൂചിപ്പിക്കും അപ്പൊ പല അർത്ഥങ്ങളെയും സൂചിപ്പിക്കുന്നു വെച്ചാ എല്ലാർത്ഥവും വരും എന്തര്ത്തും സൂചിപ്പിക്കും അവരവരുടെ സിദ്ധാന്തങ്ങൾക്ക് യോജിക്കുന്ന അർത്ഥങ്ങളെയൊക്കെ സൂചിപ്പിക്കും എന്നാണ് എന്റെ അർത്ഥം അതിനുവേണ്ടിട്ടാണ് ഈ പറയുന്നത് ജിജ്ഞാസ ജിജ്ഞാസ ഇച്ഛ സംശയസ്യകാരി സംശയം വന്നാൽ പിന്നെ ഇച്ഛ വരും ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് സംശയം ഉണ്ടായാൽ എന്താണ് സംശയം ഉണ്ടായാൽ പിന്നെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും അതാണ് സംശയ ജിജ്ഞാസ സംശയസിയ കാര്യം ജയി സ്വകാരണം സംശയസു ജയി വെച്ചാൽ ജിജ്ഞാസ സംശയത്തിന്റെ കാര്യമാണ് ഇപ്പൊ കാര്യം ചെയ്ത് കാരണമായത് ജിജ്ഞാസ സംശയത്തിന്റെ കാര്യം എന്ന് പറഞ്ഞപ്പോ കാര്യം ചെയ്ത് കാരണമായത് കാരണം ജിജ്ഞാസ കാര്യവും നേരത്തെ പറഞ്ഞല്ലേ സംശയം വന്നിട്ട് ഇച്ഛരും അപ്പൊ അതുകൊണ്ട് സ്വ കാരണം സംശയ സൂചി സോ കാരണം എടുക്കും എന്തിന്റെ കാരണം സംശയത്തിന്റെ കാര്യമാണ് കാരണം സംശയമാണ് സ്വ കാരണംന്ന് വെച്ചാ എന്തിന്റെ കാരണം സംശയത്തിന്റെ കാരണം സംശയം കാര്യമാണ് കാരണം എന്തായി ജിജ്ഞാസ അപ്പൊ അവിടെ ജിജ്ഞാസ കാരണം സംശയം കാരണം ജിജ്ഞാസ കാര്യം സംശയം കാരണം ജിജ്ഞാസ കാര്യം സംശയം കാരണം ഇച്ഛകാര്യം സംശയം വരുമ്പോൾ ഇച്ഛിക്കുന്നു അതുകൊണ്ട് എന്തുവരുന്നു സംശയത്തെ സൂചിപ്പിക്കുന്നു എന്തിന്റെ കാരണമായ സംശയത്തെ ജിജ്ഞാസയുടെ കാരണം പ്രസോ കാരണമെന്ന് വെച്ചാൽ ജിജ്ഞാസയുടെ കാരണം ജിജ്ഞാസയുടെ കാരണമാണ് എന്ത് സംശയത്തെ സൂചിപ്പിക്കും അപ്പൊ സംശയത്തെ സൂചിപ്പിക്കുകയാണ് ഏത് പദം ജിജ്ഞാസ സംശയിച്ച മീമാംസ ആരംഭം പ്രയോഗിക്കും സംശയം എന്തെയ്യുന്നു മീമാംസയുടെ ആരംഭം മീമാംസ എന്ന് വെച്ച വിചാരം വിചാരത്തിന്റെ തുടക്കത്തിന് കാരണമാകുന്നു അങ്ങനെ സംശയം ഉണ്ടാകുന്നു വിച്ഛയുണ്ടാകുന്നു വിചാരം നടക്കുന്നു അപ്പൊ വിചാരത്തിന് കാരണമെന്തായി സംശയം സംശയം ഇച്ഛ വിചാരം സംശയം ഇച്ച വിചാരം വിചാരത്തിന് കാരണം എന്തായി സംശയം ഇച്ഛ വിചാരം അപ്പൊ വിചാരത്തിന്റെ ഉണ്ട് ഒരു പ്രധാനമായ ഒരു സംശയമാണ് സംശയിച്ച മീമാംസാരംഭം പ്രയോഗം ചെയ്തു സംശയം എന്ന് പറയുന്നു മീമാംസയുടെ തുടക്കത്തിന് കാരണമായി തീരുന്നു അപ്പ എല്ലാ സംശയത്തിൽ നിന്നാണ് തുടക്കം നിർത്തും എന്ത് സംശയം ശരീരത്തിൽ നിന്ന് അതിരക്തമായ സംബന്ധിച്ചുള്ള സംശയം ചുരുതത്തിൽ ഇവിടെ വിചാരമെന്നുള്ള അർത്ഥം എടുക്കുന്നതിന് വേണ്ടിയിട്ട് രക്ഷണം സ്വീകരിക്കേണ്ട ആവശ്യം ഇല്ല സംശയിച്ചു പ്രവൃത്തിയുക്താദിത്വ ഭഗവാൻ प्रेक्षावृति प्रेक्षा विवेकि प्रेक्षावृत्ति विवेकिया प्रवृत्ति प्रेक्षावत्व विवेकिया प्रवृत्ति हेतु शास्त्र विवेकिया प्रवृत्ति प्रधानमंत्री विचार അതിനുവേണ്ടി നേരത്തെ പറഞ്ഞാൽ എന്താണ് മീമാംസാക്യ തർക്ക ഇത് കർത്തവ്യത വിചാരമാണ് എന്ത് മുഖ്യം അപ്പൊ ശാസ്ത്ര ശാസ്ത്രത്തിൽ പ്രേക്ഷാപത് പ്രവൃത്തി ഹേതു പ്രവൃത്തിക്ക് എന്നുവെച്ച വിചാരത്തിന് ഹേതുവായിരിക്കുന്ന സംശയം സംശയവും അതാണ് തുടക്കം പിന്നെ പ്രയോജനം പ്രയോജനം പറഞ്ഞു ജ്ഞാനവും മുക്തിയുമാണ് എന്ത് പ്രയോജനം ജ്ഞാനം ആണ് ഇവിടെ പ്രധാനമായിട്ട് എടുക്കുന്നത് സംശയ പ്രയോജന സൂചന ഇപ്പൊ പ്രവൃത്തിക്ക് ഹേതുവായിരിക്കുന്ന എന്തൊക്കെ സംശയവും പ്രയോജനവും സംശയവും പ്രയോജനമായിരിക്കുന്ന സംശയം കൊണ്ട് ഇച്ഛ ഇച്ഛ കൊണ്ട് എന്താണ് വിചാരം കൊണ്ട് എന്താണ് വിചാരം കൊണ്ട് ജ്ഞാനം ജ്ഞാനം കൊണ്ട് മുക്തി മുക്തിക്ക് കാരണം എന്തായി പറയുന്നു സംശയം മുക്തിക്ക് കാരണം ജ്ഞാനം ജ്ഞാനത്തിന് കാരണമെന്ത് വിചാരത്തിന് കാരണമെന്ത് ഇച്ഛയ്ക്ക് കാരണം എന്താണ് സംശയത്തിന്റെ കാര്യം എന്താണ് ഇച്ചയുടെ കാര്യം സംശയം ഇത്രയും പാടാസാരത്തിന്റെ കാര്യം മുക്തി അങ്ങന പറയുന്നു പ്രേക്ഷാപ്രവൃത്തി ചെയ്ത് സംശയ പ്രയോജന സൂചന അതൊക്കെ സൂചിപ്പിക്കുന്നതുകൊണ്ട് യുക്തമാണ് അസ്യ സൂത്ര ഈ സൂത്രത്തിന്റെ ശാസ്ത്രാദിത്വം അതുകൊണ്ടാണ് ഈ സൂത്രത്തെ ആദ്യം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അധാദോ ബ്രഹ്മജിജ്ഞാസെന്ന് വെച്ചാൽ ഈ സൂത്രം എന്തൊക്കെ സൂചിപ്പിക്കുന്നു സന്ദേഹം പിന്നെ ർത്ഥം തന്നെയാണ് സൂചിപ്പിക്കേണ്ട കാര്യമില്ല ജ്ഞാതമിച്ഛ പിന്നെ വിചാരം പിന്നെ പ്രയോജനം അതെല്ലാം സൂചിപ്പിക്കുന്നു അതുകൊണ്ടാണ് എന്തു ചെയ്തത് അസ്യശാസ്ത്ര സൂത്രശേ സൂത്ര ശാസ്ത്രാദി ശാസ്ത്രത്തിന്റെ ആദിയിൽ വച്ചിരിക്കുന്നത് കൊണ്ടാണ് ഭാഷ്യകാര ഇതാണ് ഭാഷ്യകാരൻ പറയുന്നു ഭാഷ്യത്തിൽ പറയുന്നു വേദാന്ത മീമാംസാ ശാസ്ത്രദസ്യം ഞാൻ വ്യാജിക്കാൻ വ്യാഖ്യാനിക്കാൻ താല്പര്യപ്പെടുന്നതായ വേദാന്ത മീമാംസാശാസ്ത്രം വേദാന്ത വിചാരശാസ്ത്രം വേദാന്ത ഉത്തരമീമാംസാ ശാസ്ത്രം ഈ ശാസ്ത്രം നാല് അധ്യായങ്ങളോടു കൂടിയ ഈ ശാസ്ത്രം ഈ ശാസ്ത്രത്തിന്റെ അവിടെ വാമതികാരം എന്ന കൂട്ടിച്ചേർക്കുന്നു അസ്മാ ആരാണ് വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് ആരാണ് ആരാണ് വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ശാസ്ത്രത്തെ ശങ്കരാചാര്യ അതാണ് അസ്മാേർത്ത ഞാൻ വ്യാഖ്യാനിക്കാൻ ഭാഷ്യധാരനാ പറയുന്നത് വേദാന്ത മീമാംസാ ശാസ്ത്ര വ്യാജ ഇപ്പൊ വേദാന്ത മീമാംസാസ്ത്രത്തെ വ്യാഖ്യാനിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് ഭാഷധാരം പറയുമ്പോ ആരാ അവിടെ താല്പര്യപ്പെടുന്നു എന്നുവെച്ചാ അവിടെ ശാസ്ത്രം എന്ന് പറയുന്ന സൂത്രങ്ങളാണ് സൂത്രങ്ങളെ വ്യാഖ്യാനിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു എന്നർത്ഥം അതിൽ ഇതം ആദിമസൂത്രം ഈ സൂത്രങ്ങളിൽ ഇതാണ് ഒന്നാമത്തെ ആദോഭവം ആദിമ आदि वूत्र <coughs> <coughs> पूजित विचार वचनो मीमाशक् वचन വചന എന്ന് വെച്ചാൽ വചിക്കുന്ന പറയുന്ന ശബ്ദം പൂജിതമായ വിചാരത്തെക്കുറിച്ച് പറയുന്ന ശബ്ദമാണ് എന്ത് മീമാംസ ശബ്ദം എന്ന് പറഞ്ഞാൽ മീമാംസ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം പൂജിതമായ വിചാരമെന്നാണ് പൂർവമീമാംസ അവിടെ എന്താണ് വേദത്തെ സംബന്ധിച്ചുള്ള വിചാരമാണ് അതുകൊണ്ട് അതെന്ത് വിചാരമാണ് പൂജിതമായ വിചാരമാണ് ഉത്തരമീമാംസ അത് എന്തിനെ സംബന്ധിച്ചുള്ള വിചാരമാണ് വേദത്തെ സംബന്ധിച്ചുള്ള അപ്പൊ അതെന്താണ് പൂജിതമായ വിചാരമാണ് വേദത്തെ മുൻനിർത്തിയാണ് വിചാരം ചെയ്യുന്നു വേദാന്ത കുസ്മ രഥനാർത്ഥത്വസൂത്രാണ് നേരത്തെ പറഞ്ഞു വേദാന്തമാകുന്ന പൂക്കളെ കൊരുക്കുന്ന നൂലാണെന്ത് സൂത്രങ്ങൾ അതുകൊണ്ട് പൂജിതമായ വിചാരത്തിന്റെ വാചകമാണ് മീമാംസാ ശബ്ദ അത് ഭാഷകാരന്റെ പറയുന്നു എന്തുകൊണ്ടാണ് ഇത്രയും പൂജിത വന്നത് പരമ പുരുഷാർത്ഥ ഹേതുഭൂത സൂക്ഷ്മതമ അർത്ഥ നിർണയ ഫലതാ വിചാരസ്യ പൂജിത പരമ പുരുഷാർത്ഥ ഏതു പോകുക പരമപുരുഷാർത്ഥത്തിന് ഏതുവായിരിക്കുന്നു പുരുഷാർത്ഥങ്ങൾ ഏതൊക്കെയാണ് ധർമ്മം അർത്ഥം കാമം മോശം അതിൽ പരമമായ പുരുഷാർത്ഥം എന്ന് വെച്ചാൽ ഏതാണ് പരമെന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങേറ്റത്തെ ആത്യന്തികമായ ധർമ്മത്തെക്കാളും അർത്ഥത്തെക്കാളും കാമത്തെക്കാളും മോശത്തെക്കാളും അത് പഴയകാലത്തെ ഒരു സങ്കല്പമാണ് മനുഷ്യന്റെ പുരുഷാർത്ഥം എന്ന് പറയുന്നത് അവന്റെ എല്ലാ കാര്യങ്ങളും ഇതിനു വേണ്ടി ആയിരിക്കണം മോക്ഷത്തിന് വേണ്ടിയായിരിക്കണം എന്തുകൊണ്ട് അതാണ് നേടേണ്ടത് പുരുഷ അർത്ഥതയെ പ്രാർത്ഥ്യതയെ പുരുഷന്മാരാച്ച മനുഷ്യരാ അർത്ഥിക്കപ്പെടുന്നത് പ്രാർത്ഥിക്കപ്പെടുന്നത് ആണെന്തു പുരുഷാർത്ഥം അതെന്താണ് മോക്ഷം ഇതാണ് പരമപുരുഷാർത്ഥ ഹേതുഭൂത പരമപുരുഷാർത്ഥത്തിന് ഹേതുവായിരിക്കുന്ന സൂക്ഷ്മതമ അർത്ഥ നിർണയഫലത സൂക്ഷ്മതമമായിരിക്കുന്ന അങ്ങേറ്റ സൂക്ഷ്മമായ അർത്ഥം തത്വം പുരുഷാർത്ഥത്തിന് ഹേതുവായിരിക്കുന്ന അങ്ങേറ്റ സൂക്ഷ്മമായിരിക്കുന്ന തത്വത്തിന്റെ നിർണയിക്കുക തത്വനിർണ്ണയം നിർണയം ആണ് ഫലം എന്തിന്റെ ഫലം നിർണയഫലത നിർണയമാകുന്ന ഫലത്തോടു കൂടിയതാണ് എന്ത് വിചാരം അതുകൊണ്ടാണ് വിചാരത്തിന് എന്ത് വരുന്നത് പൂജ്യത്ത പൂജ്യതം വരുന്നത് പരമപുരുഷാർത്ഥം അതെന്താണ് മോക്ഷം അതിനു കാരണമായിരിക്കുന്ന തത്വനിർണ്ണയം ആ തത്വം എങ്ങനെയുള്ളത് സൂക്ഷ്മതമത്വമാണ് ആ തത്വം എന്ന് പറയുന്നത് സൂക്ഷ്മതമമായ തത്വമാണ് ബ്രഹ്മതത്വം അതങ്ങനെ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല അത്യന്തം സൂക്ഷ്മമായ തത്വമാണ് ആ തത്വത്തെ നിർണ്ണയിക്കുന്നത് എന്താണ് കാരണം ബ്രഹ്മതത്വം എന്താണെന്ന് പലരും നിശ്ചയിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ വരുന്ന ഈ മീമാംസയിലാണ് പരമപുരുഷാർത്ഥത്തിന് ഹേതുവായിരിക്കുന്ന അതിസൂക്ഷ്മമായ ബ്രഹ്മതത്വത്തെ എന്താണെന്ന് നിർണയിക്കുന്നു അപ്പൊ അങ്ങനെ നിർണയിക്കുന്ന തരുന്ന ഏതാണ് അതുകൊണ്ട് വിചാരം എന്തായി അപ്പൊ മോക്ഷത്തിന് കാരണമായിരിക്കുന്നതാണ് എന്ത് അതുകൊണ്ട് വിചാരം എന്താണ് അപ്പോ മോക്ഷഹേതുവായിരിക്കുന്ന വിചാരമാണ് പൂജ്യ വിചാരം മനസിലായോ മോഷത്തിന് ഏതുവായിരിക്കുന്ന വിചാരം അത് ബ്രഹ്മവിചാരമാണ് തസ്യ മീമാംസായ ശാസ്ത്രം അങ്ങനെയുള്ള മീമാംസയുടെ വിചാരത്തിന്റെ ശാസ്ത്രമാണ് ഇത് അങ്ങനെയുള്ള യുടെ ശാസ്ത്രമാണ് എന്ത് പറയുന്ന ബ്രഹ്മസൂത്രം അപ്പൊ ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് ശാസ്ത്രത്തിന്റെ പൊതുവെ പറയുന്ന നിർവചനം ഹിതപ്രവർത്തകം അഹിതനിവർത്തകം ആണ് ശാസ്ത്രത്തിന്റെ നിർവചനം പൊതുവെ പറഞ്ഞു ഹിതമായതിൽ പുരുഷന് മനുഷ്യന് ിതമായതിൽ അനുകൂലമായതിൽ അവനെ പ്രവർത്തിപ്പിക്കുന്നതാണെന്ത് ശാസ്ത്രം അതുപോലെ തന്നെ മനുഷ്യന് അഹിതമായിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുന്നതാണ് ശാസ്ത്രം എന്നുവെച്ചാൽ വിധി നിഷേധപരം ആണ് ശാസ്ത്രം എന്നത് പിന്നത് ചെയ്യൂ എന്ന് പറയുന്നത് വിധി പിന്നത് ചെയ്യരുത് എന്നു പറയുന്നത് നിഷേധം അത് ശരിയാണ് കാരണം ഏതേത് കാലഘട്ടത്തിൽ എന്ത് എന്ത് വേണം മനുഷ്യന് ഏത് കാലത്തിൽ ശാസ്ത്രം വേണം ശാസ്ത്രമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല ഇന്നത് ചെയ്യൂ എന്ന് പറയുന്നത് ഒരു ശാസ്ത്രം ഇല്ല ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ശാസ്ത്രം തന്നെ വേണം ഇന്നുമുണ്ട് ശാസ്ത്രം ഇന്ന് ഏതാ ശാസ്ത്രം ഭരണഘടന ഇന്ത്യാക്കാരനോ എല്ലാർക്കും ഇല്ല ഇന്ത്യാക്കാരന്റെ ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് ഭരണഘടനയാണ് അതാണ് പറയുന്നത് ഇന്നതിന്നതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഇന്നതിന്നതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നോണ്ട് ഇന്നത്തെ ശാസ്ത്രം എന്ന് പറയുന്നത് മനുസ്മൃതിയല്ല മഹാഭാരതമല്ല രാമായണമല്ല ഇതൊന്നുമല്ല ഇന്നത്തെ ശാസ്ത്രം ഇന്നത്തെ ശാസ്ത്രം എന്താണ് മനുസ്മൃതിയല്ല ഭരണഘടനയാണ് ശ്രീനാരായണ ധർമ്മവുമല്ല ഇന്നത്തെ ശാസ്ത്രം എന്തുകൊണ്ട് അത് മനുസ്മൃതിയുടെ ഓപ്തിയാണ് മനസ്സിലായ അതൊന്നും ശാസ്ത്രമല്ല ശാസ്ത്രം ഇന്നെന്ത് ചെയ്യണോ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയും പിന്നെ അതിന്റെ വ്യാഖ്യാനങ്ങളും അതിന്റെ വിധികളും അത് ചെറിയ കാര്യമില്ല ഓരോരുത്തർക്കും ഓരോന്നാണ് വിധിച്ചിരിക്കുന്നത് ഇന്നത് ചെയ്യൂ ചെയ്യരുത് പറയുന്നു നമ്മുടെ പഴയതുപോലെ വിധിയല്ല അത് നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ് പിന്നത് ചെയ്ത പുറത്തിരിക്കാം ചെയ്തു കഴിഞ്ഞാൽ അകത്തിരിക്കാം ഇങ്ങനെയൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരുകയാണ് മനുഷ്യനെന്ത് ചെയ്യണം പിന്നെ അതിനെ തുടർന്ന് വരുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിര കണക്കിലെ വിധികൾ ഈ വിധികളെ ആണ് ശാസ്ത്രം എന്ന് എന്താണ് അപ്പൊ നിർവചനം എന്താണ് ഹിതപ്രവർത്തകം ം ഇതാണ് ശാസ്ത്രം അത് എല്ലാ ഭരണഘടനയ്ക്കും യോജിക്കുന്നു ഇതാണ് പഴയ കാലത്ത് അത് മനുസ്മൃതിയായിരുന്നു അന്നത്തെ കാലമായത് കൊണ്ട് രാജ്ഞവൽക്കയസ്മൃതിയായിരുന്നു ഗൗതമ സ്മൃതിയായിരുന്നു മഹാഭാരതമായിരുന്നു കാലം കഴിഞ്ഞു മനസ്സിലായ ഇന്ന് പിന്നെ അതിന്റെയൊക്കെ ഉപയോഗം എന്താണ് മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെ ഉപയോഗം പഴയ കാലത്ത് ശാസ്ത്രം എന്തായിരുന്നു മനസ്സിലാക്കാൻ വേണ്ടി അതാണ് അതിന്റെ പ്രയോജനം എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഈ ശാസ്ത്രങ്ങളിൽ എന്തെല്ലാം പരിണാമങ്ങൾ സംഭവിച്ചു ഏതേത് കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ അങ്ങനെ ശാസ്ത്രം പിന്നീട് ഒരു കാലത്ത് രാമായണ ശാസ്ത്രം പിന്നീട് മഹാഭാരത ശാസ്ത്രം ഇങ്ങനെ ശാസ്ത്രങ്ങൾ കാലങ്ങൾക്ക് അനുസരിച്ച് മാറിക്കൊണ്ടേയിരുന്നു ആ ശാസ്ത്രങ്ങളുടെ പരിണാമം വികാസം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് അതൊക്കെ ഇന്ന് അതനുസരിച്ചല്ല എന്താണ് എന്താണ് വിധി എന്ത് നിഷേധം എന്ന് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ നല്ല നിർവചനമാണ് എന്ത് ഹിതപ്രവർത്തകം ഹിത നിവർത്തകം എന്നാൽ ഇവിടെ പറയുന്ന അതല്ല എന്താണ് തസ്യ മീമാംസായ പ്രതിപാദ്യതേ ശാസ്ത്രം എന്ന് പറഞ്ഞ ശാസ്ത്രാസ്ത്രം എന്നുള്ള അതാണ് ഇവിടെയേടത് എന്തത് ശിഷ്യന്മാർക്ക് വിധിവത് പറഞ്ഞുകൊടുക്കുന്നത് ഉപദേശിച്ചു കൊടുക്കുന്നു നേരത്തെ പറഞ്ഞത് അതിപ്പോഴും എന്താണ് ഇവിടെ പറഞ്ഞോ പരമ നിശ്രേയസം അതിന് കാരണമായിരിക്കുന്ന ജ്ഞാനം ആ ജ്ഞാനത്തിന് കാരണമായിരിക്കുന്ന വിചാരം ആ വിചാരമെന്ന് പറയുന്നത് ഗുരു ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കുന്നാണ് പഴയ സമ്പ്രദായം ഗുരു ശിഷ്യ ഇന്നത്തെ ശാസ്ത്രം എന്ന് പറയുന്ന ഏതെങ്കിലും ഗുരു ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കുന്ന ഇന്നത്തെ ശാസ്ത്രത്തെ കുറിച്ചും മനുഷ്യൻ സ്വയം തന്നെ ബോധവാനാവേണ്ടതാണ് ഗുരു ശിഷ്യന് അത് മനുഷ്യന്റെ ഇന്നത്തെ ഓരോ മനുഷ്യന്റെയും ഡ്യൂട്ടിയാണ് എന്താണ് ഇന്നത്തെ ശാസ്ത്രത്തെ സ്വയം അവൻ അവൻ്റെ ജീവിത സാഹചര്യത്തിന് വേണ്ട ശാസ്ത്രങ്ങളെക്കുറിച്ചല്ല റോഡിൽ ഇറങ്ങിയ വണ്ടി എങ്ങനെ ഓടിക്കണം ചുവന്ന ലൈറ്റ് കൊണ്ട നിർത്തണം എന്നൊക്കെയുള്ള ഇന്ന് എന്താണ് മനുഷ്യൻ സ്വയം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതവൻ്റെ ഉത്തരവാദിത്വമാണ് പണ്ടത്തെ ശാസ്ത്രം അങ്ങനെയല്ല ഗുരു എന്തു ചെയ്യുന്നു ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കുന്നു അങ്ങനെ അന്ന് എഴുത്തും പോയ മനുഷ്യനറിയില്ല അതുകൊണ്ട് പറഞ്ഞുകൊടുത്താലേ അറിയാൻ പറ്റി ഇന്നങ്ങനെ എഴുത്തും മനുഷ്യനെ അറിയാം അപ്പൊ വായിച്ചറിയാം പിന്നെ അതിൽ കൂടുതലുള്ള കാര്യങ്ങൾ അവന്റെ അടുത്ത് ചോദിച്ചും മനസ്സിലാക്കാം അപ്പവിടെ ഇന്നുകൊണ്ടതൊക്കെ വിദഗ്ധന്മാർ നമുക്ക് ഗുരുവെന്ന് പറയാം പഠിക്കുന്ന ശിഷ്യന്മാരെന്ന് പറയാം അതൊക്കെ ഇന്നും പറയാം പക്ഷെ പഴയ രീതിയിലല്ല ഇവിടെ പറയുന്ന ശാസ്ത്രം എന്താണ് മോക്ഷശാസ്ത്രമാണ് അപ്പൊ അതിലൊരുപാട് എന്താണ് ഭവ്യതയൊക്കെ ഉണ്ട് ഗുരുവന് ഉയർന്ന സ്ഥാനമാണ് ശിഷ്യന് കർശനമായ നിയന്ത്രണങ്ങളാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ ശാസ്ത്രത്തിലോട്ട് ഇന്നത്തെ ശാസ്ത്രത്തെ അതൊന്നുമില്ല ഇന്ന് എന്താണ് പൗരൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും തുല്യന്മാരാണ് അത് ഇന്ന് തുല്യതയുടെ കാലമാണ് അതുകൊണ്ട് അതും ഇതുമായിട്ടൊക്കെ വ്യത്യാസങ്ങളുണ്ട് അതൊക്കെ നമ്മൾ സ്വയം മനസ്സിലായിക്കൊള്ളു തസ്യ മീമാംസാ ശാസ്ത്രം സാഹി അനേല ശിഷ്യതേ ശിഷ്യേഭ്യു യഥാവത് പ്രതിപാദ്യതേ ഇതെന്ത് ചെയ്യുന്നു ശിഷ്യന്മാർക്ക് യഥാവത് അതിനെ ബോധിപ്പിക്കപ്പെടുന്നു അതുകൊണ്ട് അതിന് ശാസ്ത്രം എന്ന് പറയുന്നു സൂത്രഞ്ച ബഹുവർത്ഥ സൂചന സൂത്രം എന്ന് പറയുന്നത് ബഹുവർത്ഥ സൂചന വളരെയധികം അർത്ഥത്തെ സൂചിപ്പിക്കുന്നുണ്ടെന്ന് അർത്ഥം സൂത്രം വളരെ അർത്ഥത്തെ ഇപ്പൊ ബ്രഹ്മസൂത്രത്തെ തന്നെ എടുത്തു ഇതിന് ഒരുപാട് അർത്ഥങ്ങളെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് വിഷയം പ്രയോജനം പ്രമാണം യുക്തി സാധന ഫലം ഇതൊക്കെ ചർച്ച ചെയ്യുന്നതാണ് ഏതൊക്കെയാണ് ഞാനിപ്പോൾ എന്താ പറയുന്നത് എന്താ കേട്ടുകൊണ്ടിരിക്കുന്നു ഉം ഒന്നേ പറഞ്ഞോളൂ വിഷയം പ്രയോജനം പിന്നെ പ്രമാണം യുക്തി സാധനം ഫലം ഇത്രയേ ഉള്ളൂ പറഞ്ഞ വർഷം എണ്ണയെങ്കിലും ചെയ്യണ്ടി കേട്ടോണ്ടിരിക്കുമ്പോ ആരാണ് അപ്പൊ ഇതാണ് എന്താണ് ബഹുവർത്ഥം ധർമ്മസൂത്രത്തിൽ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും എന്തുകൊണ്ട് വിഷയം പ്രയോജനം യുക്തി പ്രമാണം സാധനം ഫലം ഇതൂടെ ചർച്ച ചെയ്യും അതാണ് ബഹുവർത്ഥം ബഹുവർത്ഥത്തെ സൂചിപ്പിക്കുന്നോണ്ട് എന്ത് പറയുന്നു സൂത്രം എന്ന് പറയും നേതാവ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണ് ലഘുവിനി സ്വൽപ്പാക്ഷരപതാനുച സർവത സാരീഷണ ലഘു ആണെന്ന് ചെയ്തത് അനായാസമാണ് അസന്നിഗ്ധമാണെന്നൊക്കെ അർത്ഥം പറയാം സൂചിതാർത്ഥാണ് അതാണ് നേരത്തെ പറഞ്ഞത് സൂചന സൂത്ര അനേക അർത്ഥങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് സ്വൽപ്പ ക്ഷരങ്ങളുള്ള പദങ്ങൾ സങ്കീർണ പദങ്ങൾ ബ്രഹ്മജിജ്ഞാസ്പാക്ഷരപഥങ്ങളു സർവത സാരഭൂതാനി സർവവിഷയങ്ങളുടെയും സാരഭൂതമായിരിക്കുന്നു സർവത്തിന്റെയും ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന എല്ലാ വിഷയങ്ങളുടെയും സാരം എവിടെ കാണും സൂത്രം പിന്നെ അതിനെ പെരുകി പെരുകി പെരുകിയാണ് ഭാഷ അതാണ് സർവത സർവത്തിന്റെയും സാരം ആയിരിക്കുന്നത് അതാണ് മനീഷണ സൂത്രാൻയാഹം മനീഷികൾ എന്തു പറയുന്നു അതിനെ ഇതാണ് പഠിക്കുന്ന ഇത് തന്നെ എന്താണ് അല്പാക്ഷരം പ്രസന്നിഗ്ധം സാര സർവതോ മുഖം അനവദ്യം ചൂത്രം സൂത്രവിധോ വിദു